ം മൂന്ന് എന്നാൽ ഞാൻ പറഞ്ഞത് യാക്കോബിന്റെ തലവന്മാരും ഇസ്രയേൽ ഗ്രഹത്തിന്റെ അധിപന്മാരുമായുള്ളവരെ കേൾപ്പിൻ ന്യായമറിയുന്നത് നിങ്ങൾക്ക് വിഹിതമല്ലയോ നിങ്ങൾ നന്മയെ ദ്വേഷിച്ച് തിന്മയെ ഇച്ഛിക്കുന്നു നിങ്ങൾ ത്വക്ക് അവരുടെ മേൽ നിന്നും മാംസം അവരുടെ അസ്ഥികളിൽ നിന്നും പറിച്ചുകളയുന്നു നിങ്ങൾ എന്റെ ജനത്തിന്റെ മാംസം തിന്ന അവരുടെ തൊക്ക് അവരുടെ മേൽ നിന്ന് ഉരിച്ചു കളയുന്നു നിങ്ങൾ അവരുടെ അസ്ഥികളെ ഓടിച്ച് കലത്തിലിടുവാൻ എന്ന പോലെയും കുട്ടകത്തിനകത്തെ മാംസം പോലെയും മുറിച്ചു അന്നവർ യഹോവിയോട് നിലവിളിക്കും എന്നാൽ അവൻ അവർക്ക് ഉത്തരം അരുളുകയില്ല അവർ ദുഷ്പ്രവർത്തികളെ ചെയ്തതിനൊത്തവണ്ണം അവൻ ആ കാലത്ത് തന്റെ മുഖം അവർക്ക് മറയ്ക്കും എന്റെ ജനത്തെ തെറ്റിച്ചുകളും പല്ലിന് കടിപ്പാൻ വല്ലതുമുണ്ടെങ്കിൽ സമാധാനം പ്രസംഗിക്കുകയും അവരുടെ വായിൽ ഒന്നും ഇട്ടുകൊടുക്കാത്തവന്റെ നേരെ വിശുദ്ധ യുദ്ധം ഘോഷിക്കുകയും ചെയ്യുന്ന പ്രവാചകന്മാരെക്കുറിച്ച് യഹോവൈപ്രകാരം അരുളിച്ചുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് ദർശനമില്ലാത്ത രാത്രിയും ലക്ഷണം പറവാൻ കഴിയാത്ത ഇരുട്ടും ഉണ്ടാകും പ്രവാചകന്മാർക്ക് സൂര്യൻ അസ്തമിക്കുകയും പകൽ ഇരുണ്ടുപോകുകയും ചെയ്യും അപ്പോൾ ദർശകന്മാർ ലജ്ജിക്കും ലക്ഷണം പറയുന്നവർ നാണിക്കും ദൈവത്തിന്റെ ഉത്തരം ഇല്ലായക കൊണ്ട് അവർ ഒക്കെയും എങ്കിലും ഞാൻ യാക്കോബിനോട് അവന്റെ അതിക്രമവും ഇസ്രയേലിനോട് അവന്റെ പാപവും പ്രസ്താവിക്കേണ്ടതിന് യഹോവയുടെ ആത്മാവിനാൽ ശക്തിയും ന്യായും വീര്യവും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ന്യായം വെറുക്കുകയും ചൊവ്വുള്ളതൊക്കെയും വളച്ചുകളുകയും ചെയ്യുന്ന യാക്കോബ് ഗ്രഹത്തിന്റെ തലവന്മാരും ഇസ്രയേൽ ഗ്രഹത്തിന്റെ അധിപൻമാരുമായുള്ളവരെ ഇത് കേൾപ്പിൻ അവർ സിയോനെ രക്തപാതകം കൊണ്ടും എരുശിലേമിനെ ദ്രോഹം കൊണ്ടും പണിയുന്നു അതിലെ തലവന്മാർ സമ്മാനം വാങ്ങി ന്യായം വിധിക്കുന്നു അതിലെ പുരോഹിതന്മാർ കൂലി വാങ്ങി ഉപദേശിക്കുന്നു അതിലെ പ്രവാചകന്മാർ പണം വാങ്ങി ലക്ഷണം പറയുന്നു എന്നിട്ടും അവർ യഹോവയെ ചാരി യഹോവ നമ്മുടെ ഇടയിലില്ലയോ അനർത്ഥം നമുക്ക് വരികയില്ല എന്നു പറയുന്നു അതുകൊണ്ട് നിങ്ങളുടെ നിമിത്തം സിയോനെ വയൽ പോലെ ഉഴും എരിശലേം കൽകുന്നുകളും ആലയത്തിന്റെ പർവ്വതം കാട്ടിലെ മേടുകൾ പോലെയും ആയിത്തീരും